അവർ പറയും അവർ മൂന്ന് പേരായിരുന്നു അവരുടെ നായ നാലാമത്തെയാളും അവർ പറയും അവർ അഞ്ചു പേരായിരുന്നു അവരുടെ നായ ആറാമത്തെയാളും ഇത് അദൃശ്യമായ കാര്യത്തിലുള്ള ഊഹമാണ് അവർ പറയും അവർ ഏഴുപേരായിരുന്നു അവരുടെ നായ എട്ടാമത്തെയാളും നീ പറയുക എന്റെ രക്ഷിതാവിനാണ് അവരുടെ എണ്ണത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നത് ചുരുക്കം ചിലർ മാത്രമേ അവരെക്കുറിച്ച് അറിയുകയുള്ളൂ അതിനാൽ പ്രത്യക്ഷമായ തർക്കമല്ലാതെ അവരെക്കുറിച്ച് നീ തർക്കിക്കരുത് അവരിൽ ഒരാളോടും നീ ഇതിൽ അഭിപ്രായം ചോദിക്കരുത്